അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലെ സ്ത്രീ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു അവൾ വാതിലുകളെല്ലാം അടച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ അദ്ദേഹം പറഞ്ഞു അള്ളാഹുസുബാനഹുവ താലാവിനോട് ഞാൻ അഭയം തേടുന്നു തീർച്ചയായും എൻറെ യജമാനൻ എന്റെ താമസസ്ഥലം മനോഹരമാക്കിത്തന്നു തീർച്ചയായും അക്രമികൾ വിജയിക്കുകയില്ല